അള്ളാഹു സുബഷാനുഭവത്താല ഇച്ഛിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അവനല്ലാത്ത ഒന്നിനെയും ആരാധിക്കുമായിരുന്നില്ല ഞങ്ങളോ ഞങ്ങളുടെ പിതാക്കളോ അങ്ങനെ ചെയ്യുമായിരുന്നില്ല അവനല്ലാത്ത ഒന്നിനെയും ഞങ്ങൾ നിഷിദ്ധമാക്കുമായിരുന്നില്ല എന്നും പങ്കു ചേർക്കുന്നവർ പറഞ്ഞു അങ്ങനെ തന്നെയാണ് ചെയ്തത് അതിനാൽ ദൂതന്മാർക്ക് വ്യക്തമായ അറിയിപ്പ് നൽകുക എന്നതല്ലാതെ മറ്റെന്താണുള്ളത്